അള്ളാഹുസ്ബാനഹുവല താൻ സൃഷ്ടിച്ചവയിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കിത്തന്നു മലകളിൽ നിങ്ങൾക്ക് ഗുഹകൾ ഉണ്ടാക്കിത്തന്നു ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വസ്ത്രങ്ങളും നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകി അങ്ങനെ അവൻ നിങ്ങൾക്ക് തന്റെ അനുഗ്രഹം പൂർത്തിയാക്കിത്തരുന്നു നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയാണത്